ശ്രേഷ്ഠരായ കർത്തൃശുശ്രൂഷകരെ ബഹുമാന്യരായ പൗരജനങ്ങളെ വ്യവസായ പ്രമുഖരെ സഭാനേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ഇന്ന് പകൽ ബയോ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു ഇന്ന് രാത്രി തിരുവചനം സംസാരിക്കാൻ കഴിയുന്നു ചില അസുഖങ്ങളെല്ലാം എനിക്ക് എന്നാൽ ഭാഗ്യവശാൽ കരുണയുള്ള കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ ആരോഗ്യവും ബലവും ശക്തിയും ആത്മാവും തന്ന് അവിടെ നിന്നെ നിർത്തിയിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം എൻ്റെ താ നമ്മുടെ താഴ്ചയിൽ നിന്നെ ഓർത്തവെന്നെ സ്തോത്രം ചെയ്യുവീൻ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനെ സ്തോത്രം ചെയ്യുവീൻ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് യന്മനമേ യഹോയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക യെന്മനമേ യഹോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു ദൈവത്തിന് സ്തോത്രം സങ്കീർത്തനക്കാരൻ വീണ്ടും പാടി മരണവകാസങ്ങളെന്നെ ചുറ്റി അഗാധ പ്രവാഹങ്ങളെന്നെ ഭ്രമിപ്പിച്ചു പാതാള വേദനകൾ പിടിച്ചു മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു കഷ്ടതയിൽ ഞാൻ എഹോവയെ വിളിച്ച് അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു തിരുവുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം വ്യാജനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവം ദൈവത്തിന് സ്തോത്രം സോ നിയർ ഗോഡ് സോ ഡിയർ ഗോഡ് ഓ ജീവനുള്ള ദൈവം അത്ര അടുത്താണ് ജീവനുള്ള ദൈവം അത്ര പ്രിയങ്കരനാണ് ദൈവം അത്ര യാഥാർത്ഥ്യമാണ് ദൈവം സ്നേഹിതരെ ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുകയാണ് ഇന്നലെയും ഇതുപോലെ ആയിരക്കണക്കിന് പോരാ പതിനായിരക്കണക്കിന് ആളുകൾ കൂടി ഇന്നും ആയിരങ്ങൾ ആയിരങ്ങൾ ദൈവകൃപയൽ കൂടി വന്നിരിക്കുകയാണ് ദൈവത്തെ ഞാൻ ബഹുത്വപ്പെടുത്തട്ടെ നിങ്ങൾക്ക് എല്ലാ അനുമോദനങ്ങളും പകരട്ടെ എല്ലാ ആശസ്സുകളും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നാമത്തിൽ പകരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് ദൈവാനായി ഞാൻ യാചിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ നികർന്ന ഹൃദയത്തോട് വന്നിരിക്കുന്നവരുണ്ട് ഭാരത്തോടിവരുണ്ട് പുകഞ്ഞ ഉള്ള് പൊള്ളിയിരിക്കുന്നവരുണ്ട് തീരാരോഗം ബാധിച്ചവരുണ്ട് മരണമാണ് അടുത്ത് എന്ന് കരുതി ദുഃഖത്തോടെ ഏങ്ങലടികളോടെ നെടുവർപ്പോടെ കഴിയുന്നവരുണ്ട് എന്നാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവായ യേശു ഇന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്ന് അവിടെ നമ്മെ അനുഗ്രഹിക്കുകയാണ് ഓരോ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി നമ്മുടെ ഇടപെടുകയായിരുന്നു ആദ്യം പ്രിയപ്പെട്ട ടി വി കുര്യൻ എറണാകുളം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലെ മാനേജർ ആദ്യം സംസാരിച്ചു എത്ര ഹൃദ്യമായ എത്ര അനുഗ്രഹീതമായ വാക്കുകൾ പിന്നീട് കേരള സ്റ്റേറ്റ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ എം എ ആൻഡ്രൂസ് തിരുവചനം സംസാരിച്ചു എത്രയോ അനുഭവവേദ്യമായ വാക്കുകൾ എത്ര ഹൃദയം തകർക്കുന്ന വാക്കുകൾ ഇപ്പോഴിതാ ഡോക്ടർ ജോജി കെ നയനാൻ ദൈവത്തിന്റെ തിരുവചനം സംസാരിച്ചു സ്വന്തം അനുഭവത്തിന്റെ നറുവുണത്തോടെ ക്യാൻസർ മാറ്റിയ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം കരയേറ്റിക്കൊണ്ട് രൂപാന്തരപ്പെടുത്തുന്ന ഹൃദയഭാവങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഹൃദയഭാവങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്ന കരുണയുള്ള കർത്താവായ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു നന്ന് നന്നായി നാം ഭാഗ്യശാലികളാണ് ഇന്ന് രാവിലെ എത്രയോ പേരുടെ അനുഭവങ്ങളാണ് അനേകരുടെ പങ്കുവെച്ചത് എല്ലാം നല്ല സജീവമായ അനുഭവങ്ങൾ ഇന്നലെയും അതുപോലെ തന്നെ അനേകമനേകം അനുഭവങ്ങൾ ഓരോന്നും കോരിത്തെപ്പിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വലിയ നാമം മഹുത്വപ്പെടട്ടെ സഹോദരങ്ങളെ നാം വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് യഹോവായി സ്ഥലത്തുണ്ട് സത്യം ഞാനും അതറിഞ്ഞില്ല എന്ന് പണ്ടി യാക്കോവ് പറഞ്ഞു ഞാനും അത് പറയുകയാണ് യഹോവായി സ്ഥലത്തുണ്ട് സത്യം ഞാനും അത് അറിഞ്ഞില്ല ഗോത്രവിതവായി യാക്കോവ് പറഞ്ഞു യഹോവായി സ്ഥലത്തുണ്ട് സത്യം ഞാനും അതറിഞ്ഞില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ വേറൊരു വാക്യമുണ്ട് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്താണ് കേൾക്കുന്നത് എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ ക്രിസ്തു നമ്മുടെ അരിയിലുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് എങ്കിൽ അവനെ വിളിച്ചപേക്ഷിക്കാവുന്ന സമയം വന്നിരിക്കുകയാണ് വിളിച്ചപേക്ഷിക്കൂ യഹോവയെ കണ്ടെത്താവുന്ന സമയം വന്നിരിക്കുകയാണ് കണ്ടെത്തിക്കൊള്ളൂ അവന് വിളിച്ചപേക്ഷിക്കാവുന്ന സന്ദർഭം സമാഗതമായിരിക്കുകയാണ് വിളിച്ചപേക്ഷിച്ചുകൊള്ളു അനുഗ്രഹം പ്രാപിക്കാം നമുക്കൊന്ന് പാടാം ദൈവവാക്യേ എണ് നവ്യമാക്കണേ ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവലേ ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവലേ ദൈവവാക്യമേ ശക്തി കാട്ടേ ദൈവവാക്യമേ ശക്തി കാട്ടണേ വാഴുകൊണ്ട് വെട്ടും പോലെ ചങ്ങിൽ വെട്ടണേ വാഴുകൊണ്ട് വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ वाक्य में नव्यकण दव्यकण दैववाक्यम क्षयावल देश शिक्षया वल दैव दिन स्त्रोत्र മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറാം ബാക്കി മുതൽ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം അനന്തരം ഒരുത്തൻ വന്ന് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിനെ അവൻ എന്നോട് നന്മയെ ചോദിക്കുന്നത് എന്ത് നല്ലവൻ ഒരുത്തനേ ഉള്ളു ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കല്പനകളെ പ്രമാണിക്ക അവനോട് പറഞ്ഞു അവൻ ചോദിച്ചതിനെ യേശു കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ള സാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്ക കൂട്ടുകാരനെ നിന്നെ തന്നെ സ്നേഹിക്ക എന്നിവ തന്നെ എന്ന് പറഞ്ഞു യൗവനക്കാരനവനോട് ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോയിരുന്നു ഇനി കുറവുള്ളത് പറഞ്ഞു യേശു അവനോട് ൂർണനാകാനിച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രക്ക് കൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക പറഞ്ഞു യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനായാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി ആ യൗവനക്കാരൻ ഒരു പ്രമാണിയായിരുന്നു ആ യൗവനക്കാരൻ ദേശത്ത് അറിയപ്പെടുന്നവനായിരുന്നു ആ യൗനക്കാരൻ അവിടെ ആ സമൂഹത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു അവൻ യേശുവിന്റെ അടുക്കൽ വന്നു നാം മർക്കോസിശേഷം വായിക്കുമ്പോൾ കാണുന്നത് അവൻ യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നടു റോഡിൽ മുട്ടുകുത്തിക്കൊണ്ട് യാദനാസുരത്തിൽ ചോദിക്കുകയാണ് ഗുരു നിത്യജീവനെ അവകാശമാക്കുക ഞാൻ എന്ത് ചെയ്യണം അവന്റെ ചോദ്യം അതാണ് നിത്യജീവനെ അവകാശമാക്കുക ഞാൻ എന്ത് ചെയ്യണം വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ നിത്യവനെ അവകാശമാക്കുവാനായി ആഗ്രഹിച്ച് അഥവാ ആ കാര്യം ചോദിച്ചുകൊണ്ട് യേശുവിനെടുക്കൽ വരുന്നുള്ളൂ രണ്ടുപേര് ഒന്ന് ഈ യൗവനക്കാരനാണ് മറ്റൊന്ന് പേർ പ്രമാണിയായ മനുഷ്യനാണ് അത് ലൂക്കോസിൻ്റെ സുശേഷം വായിക്കുമ്പോൾ കാണാം അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ആ പ്രമാണിയായ മനുഷ്യൻ അവൻ യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുകയാണ് അത്യാവശ്യക്കാരനല്ല ചോദിക്കുന്ന ചോദ്യം നല്ലതാണ് ആവശ്യപ്പെടുന്ന കാര്യം നല്ലതാണ് പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ നിന്നല്ല ചോദിക്കുന്നത് ആവശ്യ ബോധത്തോടെ ചോദിക്കുന്നത് അവൻ യേശുവിനെ പരീക്ഷിക്കാനാണ് ചോദിക്കുന്നത് യേശു എന്താണ് മറുപടി പറയുന്നത് എന്നറിയാനാണ് ചോദിക്കുന്നത് അവന് നിത്യജീവൻ വാഞ്ചയില്ല നിത്യജീവനെ ആഗ്രഹിച്ചല്ല അവൻ ചോദിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വേദപുസ്തകത്തിൽ ആകെ ഒരാൾ മാത്രം ആവശ്യക്കാരനായി ഒന്ന് ചോദിക്കുകയാണ് ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം അതാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് യേശുവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു അതിലെല്ലാം അവൻ കുറ്റമച്ചവനാണ് കല്പനകൾ പാലിക്കുന്നവനാണ് ന്യായപ്രമാണ കൽപ്പനകൾ വളരെ കൃത്യമായും വ്യക്തമായും അനുഷ്ഠിക്കുന്നവനാണ് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ബാല്യം മുതൽ പോരുന്നു ഈ കൽപ്പനകളെല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് മാത്രമല്ല ഞാനത് പ്രമാണിക്കുന്നവനാണ് എന്തോ ഒരു നല്ല യുവാവ് എന്തോ ഒരു നല്ല സ്വഭാവമുള്ളവൻ എന്തോ ഒരു തീക്ഷ്ണതയുള്ള ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു ഗുരു ഇതെല്ലാം ഞാൻ ബാല്യ മുതൽ പ്രമാണിച്ചു പോരുന്നു ഇനി എന്താണ് കുറവുള്ളത് രണ്ടാമത്തെ ചോദ്യം ഇനി കുറവുള്ളത് എന്താണ് ഇനി എന്താണ് കുറവ് ഇനി കുറവുള്ളത് എന്ത് അവനെ നോക്കി നാം തിരുവനന്തപുരം സുവിശേഷത്തിലും മർക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണാം യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്തോ നല്ല യുവാവ് എന്തു നല്ല ആഗ്രഹവുമായി വന്നിരിക്കുന്നു ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു കൊണ്ട് അടുക്കൽ വന്ന് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചിരിക്കുന്നു എന്ത് നല്ല ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു ഞാൻ കർപ്പനകളെല്ലാം പ്രമാണിച്ചു പോരുന്നു എന്ന് ശേശു നോക്കി ശരിയാണ് അവൻ പറഞ്ഞത് വ്യാജമല്ല അവൻ കാവട്ട്യമായി സംസാരിച്ചതല്ല അവൻ ഭംഗിവാക്ക് പറഞ്ഞതല്ല സത്യമാണ് നല്ലത് കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു കർത്താവ് പറഞ്ഞു ഉള്ളറിയുന്നവൻ പറഞ്ഞു മോനെ നിന്നിൽ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട് ഇനി കുറവുള്ളതെന്നല്ലേ നീ എന്നോട് ചോദിച്ചത് ഒരു കുറവ് ഞാൻ നിൽക്കുന്ന കാണുന്നുണ്ട് അത് നിനക്ക് പണത്തോടുള്ള അതിൻ്റെ ആണ് പൈസയോട് ധനത്തോടുള്ള നിന്റെ പറ്റുമാനമാണ് അത് നിന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ വെറുതെ ഞാൻ പണത്തോടുള്ള പറ്റുമാനം കളയുന്നെന്ന് പറഞ്ഞാൽ പോവുകയില്ല നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്കൊടുക്ക പിന്നെ വന്ന് എന്നെ അനുഗമിക്ക ആ ചെറുപ്പക്കാരനോർത്തു എത്രയോ ധനവന്മാർ യേശുവിന്റെ പിന്നാലെ വരുന്നു ആരോടും ധനം പറഞ്ഞില്ലല്ലോ മത്തായി ലേവി ചുങ്കക്കാരനായിരുന്നു ചുങ്കക്കാരനായ ലേവി പണക്കാരനായിരുന്നു വളരെ അന്യായമായി സമ്പാദിച്ചവനായിരുന്നു എന്നാൽ അവൻ മത്തായ സ്ത്രീഹായായി മാറി യേശുവിന് ശിഷ്യനായി മാറി അവൻ ഉള്ളതൊന്നും കളന്നതായി കാണുന്നില്ലല്ലോ ഒന്നും മിച്ചതായി കാണുന്നില്ലല്ലോ എത്രയോ പേര് യേശു മിന്നിമൻ ആര് വരുന്നു അവരോടാരോടും ഇങ്ങനെ പറഞ്ഞില്ല എന്നോടെന്താണ് ഇങ്ങനെ പറഞ്ഞത് അവന് പണത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് അവന് ധനത്തോടുള്ള ആ ധനത്തോടുള്ള അവൻ്റെ ആസക്തി ദ്രവ്യാഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ അവൻ അന്യായമായി സമ്പാദിച്ചതല്ല അവന് ന്യായമുണ്ട് ഞാൻ ആരുടെയും തട്ടിപ്പറിച്ച് മേടിച്ചതല്ല ഞാൻ ദ്രവ്യാഗ്രഹി അല്ല ഞാൻ അക്രമം ചെയ്ത് നേടിയതല്ല ഞാൻ അവിഹിതമായി സമ്പാദിച്ചതല്ല ഞാൻ എൻ്റെ കുറിയന്മാർ തന്നതും ഞാൻ അധ്വാനിച്ചതമായ സമ്പത്താണ് എൻ്റെ കൈവശമുള്ളത് അവന്റെ ഹൃദയത്തിൽ അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി ചിന്തയിൽ വരികയാണ് അവനോർത്തു അയ്യോ ഇതെന്ത് കഷ്ടപ്പാട് നിത്യജീവനെ അവകാശമാക്കണം അതവൻ്റെ ആഗ്രഹമാണ് അതേ സമയത്ത് എനിക്കുള്ളതൊക്കെയും മറ്റേത് എഴുതിർക്ക് കൊടുക്കണം അത് യേശുവിൻ്റെ കൽപ്പനയാണ് ആർക്കും ഇല്ലാത്തൊരു കൽപ്പന എനിക്കെന്താണിങ്ങനെ തന്നത് ആരോടും പറയാത്തൊരു കല്പന എനിക്കെന്താണിങ്ങനെ തന്നത് ഈ ഇതുവരെയുള്ള ചരിത്രത്തിൽ യേസു ക്രിസ്തു ആരോടും ഉള്ളതെല്ലാം വിൽക്കാൻ പറഞ്ഞില്ല എന്നാൽ പിന്നെ എന്നോടെന്താണ് ഇങ്ങനെ പറഞ്ഞത് അവനിങ്ങനെ ഒരു കൺഫ്യൂഷനിലായി ഒരു ചിന്താ കുഴപ്പത്തിലായി അവൻ്റെ മനസ്സൊന്ന് കലങ്ങി അവൻ്റെ മുഖം വാടി നല്ലൊരാഗ്രഹത്തോടുകൂടി വന്നു പക്ഷേ ആഗ്രഹം സാധിക്കുന്നില്ല ആഗ്രഹം സാധിക്കാൻ അതിനുള്ള കോസ്റ്റ് കൊടുക്കണം അതിനുള്ള വില കൊടുക്കണം നിത്യജീവം പ്രാപിക്കുക അത് വിലപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അത് യേസു അടുക്കൽ വന്നാൽ കിട്ടുമെന്നേ അവൻ ധരിച്ചുള്ളൂ നല്ല ഉപദേശമാണ് നല്ല പ്രബോധനങ്ങളാണ് നല്ല തിരുവചനങ്ങളാണ് ഓരോന്ന് കേൾക്കുമ്പോൾ ഉള്ളം ത്രസിക്കുന്നുണ്ട് ഹൃദയങ്ങ് ആനന്ദം കൊണ്ട് പുളകം കൊള്ളുന്നുണ്ട് പക്ഷേ എന്താണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത് ഒയ്യാത്തൊരു കാര്യങ്ങളോട് പറഞ്ഞല്ലോ അവൻ കുറച്ചു നേരം ഒന്ന് വിഷമിച്ച് നിന്നു അവൻ ദുഃഖിതനായി പോയിക്കളഞ്ഞു ഐതിഹ്യം ചേർത്ത് പറയട്ടെ കാലങ്ങൾ കുറച്ച് പോയി കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയി അവൻ നല്ല പ്രായാധിക്യമായി ഈ യൗവനക്കാരൻ നല്ല പ്രായമായി അവനവലിയ വീടുണ്ട് ധാരാളം സമ്പത്തുണ്ട് വളരെ മനോഹരമായ വീടുണ്ട് നിലം പൊരിയിടങ്ങളുണ്ട് അവന് മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് അവൻ്റെ മകൻ്റെ മകൻ ഗ്രാൻഡ്സൺ മകൻ്റെ മകനെ ഒരു ദിവസം അവൻ മടിയിൽ വെച്ച് മോനോട് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോനോട് ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബൈബിളില്ല ഐതിഹ്യമാണത് കേൾക്കു പ്രിയപ്പെട്ടവര് അവൻ മോനോട് ഈ മോൻ്റെ മോനോട് കൊച്ചുമോനോട് കാര്യങ്ങൾ പറയുന്നു മോനെ ഈ ഞാന് വലിയ ചില അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അയ്യോ അപ്പച്ചാ അത് എന്നാണ് എന്താ അത്ഭുതം മോനെ ഈ ലോകത്ത് കാണാവുന്നതിലേക്കും ശ്രേഷ്ഠനായ ഒരാളെ ഞാൻ കണ്ടതാണ് അയ്യോ അതാരാണ് അത് യേശു ക്രിസ്തുവാണ് ഉ അപ്പച്ചൻ നേരിട്ട് കണ്ടതാണോ ഉവെന്നേ ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ ആ യേശു ക്രിസ്തുവിൻ്റെ ചെന്നതാണ് അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ സംസാരിച്ചതാണ് എന്തെല്ലാ അത്ഭുതങ്ങളാണ് അദ്ദേഹം ചെയ്തത് ഈ യേശു ക്രിസ്തു കാഴ്ച കൊടുത്തിട്ടുണ്ട് യേശുക്രിസ്തു കുക്ഷുരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് യേശു തളർവാദ രോഗി നടത്തിയിട്ടുണ്ട് യേശു പക്ഷപാതം പിടിച്ചിരുന്നവനെ സൗഖ്യമാക്കി നടത്തിയിട്ടുണ്ട് യേശു പന്ത്രണ്ട് കൊല്ലമായ രക്തവാർശി ഉണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുത്തത് എനിക്കറിയാം നേരിട്ടറിയാം മോനെ അത് മാത്രമല്ല യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് മോനിങ്ങനെ അപ്പൻ്റെ മടിയിലിരുന്നു കൊണ്ട് തിരിഞ്ഞ് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്പരപ്പോടെ വളരെ അതിശയം കൂറി ഇങ്ങനെ ഇരിക്കുകയാണ് മോനെ കേൾക്കണമോ ഈ യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഒരു വീട്ടിൽ മരിച്ചു കിടക്കുകയായിരുന്നു ഈറോസിന്റെ മകൾ യേശു ഉയർത്തെഴുനേൽപ്പിച്ചു മോനെ ഒരു ചെറുപ്പക്കാരൻ വിധവയായ ഒരു സ്ത്രീയുടെ മകനാണ് അവനെ അടക്കം കൊണ്ടുപോകുമ്പോൾ യേശു വഴിമധ്യത്തിൽ നിന്നു അവനെതിരെ വന്നു ആ ശവസംസ്കാര യാത്രയുടെ എതിരെ നിന്നിട്ട് യേശു ആ ശവമഞ്ചത്തെ തൊട്ടു ബാല്യക്കാരായി എഴുന്നേൽക്കാ എന്നൊന്ന് മരിച്ചു കിടന്ന ശവശരീരം എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി എൻ്റെ മോനെ ഇതെല്ലാം അത്ഭുതങ്ങളാണ് ഈ എൻ്റെ ഈ കാലയളവിൽ ഞാൻ കണ്ട അത്ഭുതങ്ങളാണ് അതിശയങ്ങളാണ് മോനെ മാത്രമല്ല ഒരു പാവപ്പെട്ട വീട്ടിൽ രണ്ട് സഹോദരിമാരും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു മാർത്തയും മറിയും സഹോദരിമാര് ലാസർ സഹോദരൻ അതിലെ ലാസർ മരിച്ചുപോയി കല്ലറയിൽ വെച്ചു നാല് ദിവസമായി ചീഞ്ഞു തുടങ്ങി ദുർഗന്ധം വമിച്ചു തുടങ്ങി എന്റെ മോനെ ഈ യേശു ക്രിസ്തു അവിടെ ചെന്നു കല്ലറയുടെ ഭാഗത്തുനിന്ന് കല്ലുനീക്കാൻ പറഞ്ഞു അവർ കല്ലു നീക്കി യേശു മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചിട്ട് ലാസറയായി പുറത്തു പറഞ്ഞു മരിച്ച ലാസർ പുറത്തു വന്നു എന്റെ മോനെ അതൊരു വലിയ അത്ഭുതമല്ലേ ലാസർ പുറത്തു വന്ന് എങ്ങനെയാ എനിക്കറിയാൻ പാടില്ല കാരണം കയ്യും കാലം കിട്ടിയാണ് ഇരിക്കുന്നത് ശവശരീരം കെട്ടിയതുപോലെ തന്നെ ഇരിക്കുന്നു മുഖം റൂമാല കൊണ്ട് ഇരിക്കുന്നത് അതൊന്നും മാറിയിട്ടില്ല ലാസർ ലാസറേ വരിക എന്നുള്ള ശബ്ദം കേട്ട് ലാസറേ പുറത്തു വരിക എന്നുള്ള ശബ്ദം കേട്ട് ഞങ്ങളും പുറത്തുനിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളും അതിശയം കൂറി നിൽക്കുകയായിരുന്നു ലാസർ കൈകളും കാലുകളും കെട്ടപ്പെട്ടവനായി മുഖം റൂമാല കൊണ്ട് മൂടിയവനായി പുറത്തു വന്നു നിന്നു യേശുക്രിസ്തു അന്ന് പറഞ്ഞു അവൻ്റെ കെട്ടഴുപ്പിന് അവൻ എന്ന് എൻ്റെ മോനെ അന്ന് സന്തോഷത്തിന്റെ ആനന്ദമാകുന്ന ഘോഷയാത്രയിൽ ഞാനും പങ്കെടുത്തതാണ് അവനങ്ങനെ അതിശയം കൂറി അപ്പന്റെ മുഖത്തേക്ക് ഇങ്ങനെ അവന്റെ കണ്ണു വിടർന്നിരിക്കുന്നു അത്ഭുതം കൂറിയിരിക്കുന്നു അപ്പ അപ്പനോട് അദ്ദേഹം എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്നോ എന്നോട് വേണ്ടിയിട്ടുണ്ട് എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ആഹാ അയ്യൂ അതെന്ത് ഭാഗ്യമായി പോയി അപ്പ ഉവെന്നേ ആട്ടെ അപ്പനോട് എന്നാ അദ്ദേഹം പറഞ്ഞത് കുറച്ചുനേരം ഈ വല്യപ്പൻ ഒന്ന് മൗനമായിരുന്നു മുഖം പ്ലാനമായി കുറച്ചുനേരം മൗനമായിരുന്നു അപ്പാ അപ്പനോടെ എന്താ ആ യേശു ക്രിസ്തു പറഞ്ഞത് കൊച്ചുകൂട്ടി കൗതുകത്തോടെ ചോദിക്കുക യേശു ക്രിസ്തു അപ്പനോട് സംസാരിച്ചു ഈ ഉന്നതനായ ക്രിസ്തു അപ്പനോട് സംസാരിച്ചു എന്താ അപ്പാ പറഞ്ഞത് മോനെ പിടിച്ച പയ്യെ പയ്യെ അങ്ങോട്ട് ഇറക്കി നിർത്തി മടിയിൽ നിന്ന് അപ്പന്റെ തൊണ്ട ഇടറി അപ്പന്റെ കണ്ണു നിറഞ്ഞു എൻ്റെ മോനെ ആ യേശു എന്നോട് പറഞ്ഞു ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്ക എന്ന് അപ്പാ അപ്പനുസരിച്ചില്ലേ ഇത്രേം ഉന്നതനായ ക്രിസ്തു പറഞ്ഞിട്ട് അപ്പനത് അനുസരിച്ചില്ലേ അപ്പന്റെ തൊണ്ട ഇടറി ഗൽഗതം മിണ്ട മയ്യ വാക്കുകളിടറുന്നു തൊണ്ട ഇടറുന്നു ശബ്ദമിടറുന്നു അപ്പൻ ഇല്ല മോനെ അപ്പൻ പൊട്ടിക്കരഞ്ഞു മോൻ മനസ്സിലായില്ല അപ്പൻ എന്തിനാ കരയുന്നതെന്ന് പിന്നെയൊന്നും ചോദിക്കാനാ കൊച്ചു മുതിർന്നില്ല അപ്പൻ എഴുന്നേറ്റു മോനെ അവിടെ നിർത്തിയിട്ട് അപ്പൻ വിതുമ്പിക്കൊണ്ട് ഏങ്ങലടിച്ചു കൊണ്ട് മുറ്റത്തു കൂടെ നടന്നു വെളിയിലോട്ട് ഇറങ്ങി മുൻപിൽ ഒരു ചെറിയ പൂന്തോപ്പുണ്ട് അങ്ങോട്ടിറങ്ങി അതിൻ്റെ ഇടയിലൂടെ വിരുമ്പിക്കൊണ്ട് നടന്നു ഇതൊരു ഭാവനയായിരിക്കാം ഇതൊരു ഭാവനയായിരിക്കാം നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്കൊടുക്കാം നിന്റെ അറ്റാച്ച്മെന്റ് മാറിയേ നിത്യജീവം കിട്ടുകയുള്ളൂ എന്തിനോടാണ് നിന്റെ അറ്റാച്ച്മെൻറ്റ് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ അത് കേട്ടപ്പോൾ യേശു പറഞ്ഞത് കേട്ടപ്പോൾ യേശുവിനോട് ചോദിച്ചു രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും മൂന്നാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും അയ്യോ അവൻ ദുഃഖിതനായി പോയിക്കളഞ്ഞു കർത്താവ് ഈ യുവ യൗനക്കാരനോട് പറഞ്ഞത് അവര് അവരും ശ്രദ്ധിക്കുകയായിരുന്നു അവൻ മുഖം പാടുന്ന ശ്രദ്ധിക്കുകയായിരുന്നു ശിഷ്യന്മാര് കർത്താവിനെ നോക്കി കർത്താവും അങ് നിറകണ്ണുകളോടെ ഈ യൗവനക്കാരൻ പോകുന്ന നോക്കി നിന്നു നിത്യജീവൻ ചോദിച്ചു വന്നു കൊടുക്കാൻ പറ്റിയില്ലല്ലോ നിത്യജീവന്റെ വില കൊടുക്കാൻ അവൻ തയ്യാറായില്ലോ കർത്താവിനുള്ളിൽ നീറുന്നുള്ളം ദുഃഖിക്കുന്നു ആനന്ദാതിരേഖം കൊണ്ട് വലിയൊരു ശോഭനമായ ഭാവികാലം നേടിയെടുക്കേണ്ട യൗവനക്കാരൻ ഇതാ അവൻ നിത്യനാശത്തിലേക്ക് പോകുന്നു അവന്റെ അറ്റാച്ച്മെന്റ് വിടാൻ മനസ്സില്ല പണത്തോടുള്ള ആശ്രയം മനസ്സില്ല ധനത്തോടുള്ളതായി ആസക്തി വിടാൻ മനസ്സില്ല അതൊരു ബന്ധനമാണെന്ന് അവൻ മനസ്സിലാകുന്നില്ല അന്യായമായി സമ്പാദിച്ചില്ലല്ലോ എന്നുള്ള ധാരണയിൽ അവൻ മുമ്പോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു അങ്ങനെ വീർപ്പടക്കി നിൽക്കുമ്പോൾ ശിഷ്യമാർ ചോദിച്ചു കർത്താവെ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും കർത്താവ് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിനും അല്ലതാനും ദൈവത്തിന്റെ സകലവും സാധ്യമല്ലോ ഒന്ന് നിത്യജീവന പ്രാപിപ്പം എന്തു ചെയ്യണം രണ്ട് ഇനി കുറവുള്ളതെന്ത് മൂന്ന് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും ഇട കർത്താവ് പറഞ്ഞു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഓട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാവുന്നു എളുപ്പം സാധിക്കുമോ ഒരൊട്ടകത്തിന് സൂചിയുടെ ചെറിയ ആ കുഴയിൽ കൂടെ ചെറിയ ദ്വാരത്തിൽ കൂട്ടി കിടക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഓട്ടകം സൂചിക്കൊഴിയുടെ കിടക്കുന്നതാണ് ശിഷ്യമാർ പിന്നെയും അമ്പരക്കുകയാണ് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും അയ്യോ കർത്താവെ ധനവാന്മാർക്കാർക്ക് അപ്പോ രക്ഷ പണമുള്ളവർക്കാർക്കും സ്വർഗരാജ്യം കിട്ടില്ലേ എല്ലാ പണക്കാരും എല്ലാ സ്വത്തും വിറ്റുകളയണോ കർത്താവെ എന്താണെന്ന് ഉദ്ദേശിച്ചത് മക്കളെ അല്ല മർക്കോദത്തിന് ശേഷം വായിക്കുമ്പോൾ കാണാം മക്കളെ അല്ല അല്ല സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യാവകാശമാക്കുകയില്ല എന്ന് ഞാൻ സത്യമായ നിങ്ങളോട് പറയുന്നു ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ഞാൻ ഈ ഭാഗങ്ങൾ ഇപ്പോൾ കേൾപ്പിക്കുന്നില്ലെങ്കിലും ആശയം നിങ്ങൾക്ക് മനസ്സിലായോ ധനമുണ്ട് എന്നുള്ളതല്ല ധനത്തിലുള്ള ആശ്രയമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തില്ലുന്നതിന് തടസ്സം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തില്ലുന്നതിന് ഏതെല്ലാം ഭൗതിക ആശ്രയങ്ങളുണ്ടോ അതെല്ലാം വിട്ടേ പറ്റൂ എന്റെ സെൽഫ് വിടണം എന്റെ സെക്സ് വിടണം എന്റെ വേൾഡ് എന്റെ വേൾഡിനെ സ്വയം വിടണം എന്റെ ലൈംഗിക ആസക്തികൾ വിടണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ എന്റെ ജഡമോഹങ്ങൾ വിട്ട് ലോകമോഹങ്ങൾ വിട്ട് ലോകമയത്വം വിട്ട് യേശുവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം തള്ളി പറഞ്ഞ് സീമോഹത്ത് റോസിന്റെ കടൽക്കരയിലേക്ക് യേശു ഒരിക്കൽ കടന്നു ചോദിച്ചു യോഹന്നാന്റെ സീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോസിന്റെ മുഖം വാടിയിരിക്കുകയാണ് യേശു വിട്ട് ഓടി പോവുകയല്ലേ പടകും വലിയ പഴയ തൊഴിലിലേക്ക് പഴയ ലലീലാക്കടലിലേക്ക് പോവുകയല്ലേ ചെയ്തത് യോഹന്നാന്റെ മനായ സീമോനെ നീ ഇവയിലും ഇവരിലും എന്നെ സ്നേഹിക്കുന്നുവോ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എല്ലാവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ നിന്റെ കൂട്ടുകാരായ ശിഷ്യന്മാരേക്കാൾ അധികമായി നീനെ സ്നേഹിക്കുന്നുവോ നിന്റെ ഈ തൊഴിലിനേക്കാൾ അധികമായി നീനെ സ്നേഹിക്കുന്നുവോ നിന്റെ ഉപജീവന മാർഗത്തേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവയിലെല്ലാം നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോ സ്വന്ന് വിതുംബി കർത്താവേ നീ സകലവും അറിയുന്നു എനിക്കിതിനോട് പ്രിയമുണ്ട് എന്നീ അറിയുന്നുവല്ലോ കർത്താവേ സ്നേഹിക്കുന്നു പറയാനുള്ള യോഗ്യത എനിക്കില്ല ആ സ്നേഹം എനിക്കില്ല എങ്കിൽ കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നിനക്ക് അറിയാമല്ലോ ഓ ഹൃദയം അറിയുന്ന കർത്താവ് കണ്ടു ശരിയാണ് ശിവറോസിന് പ്രിയമുണ്ട് ശിവം പത്രോസിന് കർത്താവിനോട് പ്രിയമുണ്ട് കർത്താവ് പറഞ്ഞു എന്റെ കുഞ്ഞു ആടുകളെ വീണ്ടും ചോദിച്ചു യോഹനാന്റെ മനസ് ശിവനെ നീ എന്നെ കാണാം ലാസ്റ്റ് പാരഗ്രാഫ് യോഹനുസേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ അവസാന ഘടികയിൽ കാണാം യോഹന്നാരമനായ സിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരധികമായി എന്നുള്ളത് കർത്താവ് അങ്ങ് താഴ്ത്തി അത് വിട്ടു ഒന്നുകൂടി കർത്താവ് താണുവന്നു അകുന്നിടത്തോളം മനുഷ്യന്റെ നിലവാരത്തിലേക്കും മനുഷ്യന്റെ ആശങ്കയിലേക്കും താഴാവുന്നിടത്തോളം താഴാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം മനസ്സാവുകയാണ് എങ്ങനെയാണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം യോഹന്നാരമനായ സിംമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ കർത്താവെ എനിക്ക് ഇതിനോട് പ്രിയമുണ്ട് എന്നറിയുന്നുവല്ലോ ിയമുണ്ടെന്നേ പറയുന്നുള്ളൂ സ്നേഹമുണ്ടെന്ന് പറയാനുള്ള കഴിവില്ല സ്നേഹം അകപ്പേ പ്രിയം ഫീലിയോ കർത്താവേ എനിക്കിതിനോട് പ്രിയമുണ്ട് എന്നറിയുന്നുവല്ലോ മൂന്നാമത് കർത്താവ് ചോദിച്ചു യോഹന്നാനവനീ എനിക്കിതിനോട് പ്രിയമുണ്ടെന്ന് അറിയുന്നുല്ലോ എൻ്റെ ആടുകളെ പാലിക്ക വീണ്ടും മൂന്നാമത് യോഹന്നാനവനാശി മോനെ നിനക്കോട് പിന്നോട് പ്രിയമുണ്ടോ ഓ കർത്താവ് പിന്നെയും താഴോട്ട് വരികയാണ് നീ പറഞ്ഞത് ശരിയാണോ മോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാവും ചോദിക്കാൻ പത്രവും ദുഃഖിച്ചു കർത്താവേ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ ദൈവജനമേ യേശുവിനോടുള്ള പ്രിയം യേശുവിനോടുള്ള വിട്ടുവരിയാത്ത സ്നേഹം എല്ലാവരിലും ഒരു യേശുവിനോടുള്ള സ്നേഹം അതുണ്ടെങ്കിൽ മാത്രമേ പീടുകളെ സഹിക്കാൻ സാധിക്കുകയുള്ളൂ ആക്ഷേപങ്ങളെ പുഞ്ചരിയോട് എരിടാൻ സാധിക്കുകയുള്ളൂ അപവാദങ്ങളെ അല്പം പോലും വേദനയേൽക്കാതെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ യേശുവിനോടുള്ള സ്നേഹം ആ കുരിശിൽ മരിച്ച രക്ഷകനോടുള്ള സ്നേഹം ക്രൂസിൽ പിടഞ്ഞു മരിച്ച ക്രിസ്തുവിനോടുള്ള സ്നേഹം മൂന്നാണികളിൽ തൂങ്ങി എന്റെ പിതാവേ ഇവർ ചെയ്യുന്നതിൻ്റെ അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സ്നേഹം ആ ഗോകുൽത്തായെ സ്നേഹം അതിലേക്കുള്ളൊരു വശീകരണം കിട്ടിയാൽ ആ സ്നേഹത്തിലേക്കൊരാകർഷണം കിട്ടിയാൽ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സകവും മറക്കാൻ കഴിയുന്നത് രോഗം നമുക്കൊരു വിഷയമല്ലാതായിത്തീരും ആപത്തുകൾ നമുക്ക് ഒരു വിഷയമല്ലാതായിത്തീരും പണസംബന്ധമായ ഞെരുക്കങ്ങൾ നമുക്കൊരു വിഷയമല്ലാതായിത്തീരും അല്ലെന്നല്ല എല്ലാം പ്രശ്നം തന്നെ പക്ഷേ അതിന്റെ മിന്നിൽ അതിൻ്റെ മുകളിൽ ഒരു കരം നിൽക്കുന്നത് നിങ്ങൾ കാണും ഏതോ ഒരു ആശ്വസിപ്പിക്കുന്ന നിങ്ങൾ സെലസിൽ വെക്കുന്നത് നിങ്ങൾ കാണും രോഗമുണ്ട് മാരകമായ രോഗമാണ് എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു കരം നിങ്ങളെ തലോടുന്നത് നിങ്ങൾ അറിയും ദൈവത്തിന് സ്തോത്രം മോനെ എന്റെ ക്രമതനക്ക് പോലെ എന്ന് ചോദിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കും എന്റെ ശക്തി ബലഹീനത്തിൽ തികഞ്ഞു വരുന്നുള്ളതായ ശബ്ദം നിങ്ങൾ കേൾക്കും പക്ഷേ വിടേണ്ടത് വിട്ടേക്കൂ മറ്റൊന്നിനെയും സ്നേഹിക്കുന്നതിലുപരിയായി യേശുവിനെ സ്നേഹിക്കാൻ ദൈവജനമേ നിങ്ങൾ തയ്യാറാകണം ആ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ തേടിയെടുക്കേണ്ടതല്ല എന്ന സൗജന്യമായി നിങ്ങൾക്ക് തരുന്നതാണ് സ്നേഹം സ്നേഹം മാത്രം സ്വർഗത്തിലെ ദൈവം സ്നേഹമാണ് നമ്മുടെ ചോദിക്കുന്നത് മോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്റെ മോളെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് കർത്താവ് ചോദിക്കുന്നത് സുവിശേഷ ഈ സ്നേഹത്തിൽ നിന്ന് പ്രചോദിതമാണ് സുവിശേഷ വേല സ്നേഹത്താൽ നിറഞ്ഞതാണ് അല്ലാത്ത സുവിശേഷ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേലയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വേലകളുണ്ട് ആള് ചമ ചെയ്യാനുള്ള വേലകളുണ്ട് സ്വന്തം ഗ്രൂപ്പ് ഉയർത്താനുള്ള വേലകളുണ്ട് സ്വന്തം സഭയെ പൊക്കി പിടിക്കാനുള്ള വേലകളുണ്ട് സ്നേഹിതരെ സഭാഭേദം കൂടാതെ കക്ഷി കൂടാതെ സമുദായ വ്യത്യാസം കൂടാതെ ജി ഇവരുള്ള ക്രിസ്തുവിനെ കൗശലരക്ഷ പ്രഖ്യാപിക്കുന്ന സത്യസുവിശേഷം നിർമ്മല സുവിശേഷം പ്രഖ്യാപിക്കണമെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം വേണം അവിടെ പീടയുണ്ട് അവിടെ ഞെരുക്കമുണ്ട് അവിടെ ആക്ഷേപമുണ്ട് അവിടെ നിന്ദയുണ്ട് അവവാദ സ്ഥലങ്ങളുണ്ട് അവിടെ ഒറ്റപ്പെടുത്തലുണ്ട് അവിടെ കുറ്റപ്പെടുത്തലുണ്ട് പ്രിയപ്പെട്ടവരെയും അവിടെ യാതനകളുണ്ട് വേദനകളുണ്ട് അവിടെ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദൈവവൈദ്യൽ തളരുകയില്ല ദൈവവൈതിൽ വാടുകയില്ല ദൈവ വൈദ്യല് ക്രിസ്തുവിനെ പിടിക്കും പിടിക്കേണ്ട പിടിക്കാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് പിടിവിടും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കഥ കഥയാണോ ആയിരിക്കാം വലിയൊരു വെള്ളപ്പൊക്കം വലിയ വെള്ളപ്പൊക്കമാണ് ആറ് കവിഞ്ഞൊഴുകുകയാണ് ഭയങ്കരമായ വെള്ളപ്പൊക്കം ആറിന്റെ ഇരുകരയിലും ആളുകൾ നിൽക്കുന്നുണ്ട് ഇക്കര നിൽക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലേക്ക് ചാടും അങ്ങ് മലയോര മലയോരത്തു ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന കട്ടില് കിടക്ക മേശ കസേര പല പല സാധനങ്ങളിങ്ങനെ ഒഴുകി പോവുകയാണ് മലവെള്ള പാശിലിങ്ങനെ ഒഴുകുന്നു ഓരോരുത്തർ ചെന്ന് ചാടി ഓരോ നടുപ്പിക്കും സ്വന്തമാക്കാൻ സൗകര്യം ഒരു ചെലവും കൂടാതെ കിട്ടുന്നു നീന്തി ചെന്നാൽ മതി പ്രിയപ്പെട്ടവരെ അപ്പോഴുണ്ട് ഒരു വലിയ കരിമ്പിടക്കെട്ട് ഒഴുകിപ്പോകുന്നു കരിമ്പിടക്കെട്ട് ഏതാണ്ട് നല്ല സാധനങ്ങൾ കെട്ടി പൊതിഞ്ഞ് വെച്ചതാണ് അത് മലവെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ് ഒരാള് ഒരാള് വെള്ളത്തിലേക്ക് ചാടി കുതിച്ച് നീന്തി കരിമ്പിടക്കെട്ടിൽ കയറി പിടിച്ചു പക്ഷേ അത് വലിച്ചു കൊണ്ടുപോരാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല ആ കരിമ്പിടക്കെട്ടും ഇയാളും കൂടി താഴോട്ട് ഒഴുകുകയാണ് ആളുകൾ വിളിച്ചു പറഞ്ഞു അയ്യോ അടുത്ത് കയം വരുന്നു ഭയങ്കരമായ കയം വരുന്നു അങ്ങോട്ട് പോവല്ലേ അതിന് മുമ്പ് പറ്റുന്നില്ലെങ്കിൽ വിട്ടേച്ചു പോരെ അപകടമാണ് അത്യാഹിതം സംഭവിക്കും വെള്ളത്തിൽ മുങ്ങിച്ചാകും പെരുവെള്ളത്തിൽ മുങ്ങിച്ചാകും അയ്യോ വേഗം വിട്ടുപോരേ അദ്ദേഹം വശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ വിടുന്നുണ്ട് പക്ഷെ എന്നെ വിടുന്നില്ല ഞാൻ വിടുന്നുണ്ട് പക്ഷെ എന്നെ വിടുന്നില്ല പാവം വീണ്ടും ആളുകളിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അയ്യോ വേഗം വിട്ടിട്ട് പോരെ വേണ്ടെന്ന് വെക്കിയ വിട്ടിട്ട് പോരെ ഞാൻ വിടുന്നുണ്ട് പക്ഷെ എന്നെ വിടുന്നില്ല പാവം പാവം മനുഷ്യൻ ഞാൻ വിടുന്നുണ്ട് പക്ഷെ എന്നെ വിടുന്നില്ല ആൾക്ക് ആർക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു അയ്യോ എന്നെ വിടുന്നില്ല ഇതൊരു കരടിയാണ് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വലിയ ഒരു കരടിയാണ് എന്നെ കയറി പിടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മറുകരയിൽ ഒരു ശക്തനായ മനുഷ്യൻ നിൽക്കുന്നു ആ കരുത്തനായ മനുഷ്യൻ നോക്കുമ്പോഴുണ്ട് ഈ കരടിയെ കയറി പിടിച്ചിരിക്കുന്ന ആള് അയാള് ഇടയ്ക്ക് തല താണുപോകുന്നു വെള്ളം കുടിക്കുന്നുണ്ടോ ഇടയ്ക്ക് തല പൊക്കാൻ നോക്കും പയ്യെ പൊക്കിയിട്ട് പിന്നെയും താണുപോകുന്നു ചാകും ഉറപ്പായി ആ മനുഷ്യൻ അക്കരെ ഇക്കരയിലേക്ക് ഇങ്ങനെ കുതിച്ച് നീന്തി ദ്രുതഗതിയിൽ നീന്തി വളരെ വേഗം നീന്തി വന്നു ആ കരടിയുടെ ഈ മനുഷ്യനെ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് ശക്തമായി ഒരു കത്തി കൊണ്ട് ആഞ്ഞുകുത്തി കരടിയുടെ പിടിവിട്ടു അപ്പോഴൊന്നും അറിഞ്ഞില്ല ഈ മനുഷ്യനെ ഒരു കയ്യിൽ തോളിൽ വഹിച്ചുകൊണ്ട് തിരിച്ച് നീന്തി ഇക്കരെ എത്തി കരയ്ക്കാക്കി പക്ഷേ ഏതാണ്ട് ഒരു തളർച്ച പോലെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓരത്തിൽ നിന്ന് ചോരയിങ്ങനെ വാർന്നൊഴുകുന്നു ചോര വാർന്നൊഴുകുന്നു യോധ ശക്തനായ മനുഷ്യൻ അവിടെ അങ്ങ് വീണു എല്ലാവരും അമ്പരപ്പോടെ നോക്കി നോക്കിയപ്പോൾ ആ മനുഷ്യൻ പെടയുകയാണ് രക്തം വാർന്നു വാർന്നു പോയിരുന്നു കരടി കയറി കടിച്ചിരുന്നു കരടി പേടി അള്ളി കര കരടി പിടിച്ച് അള്ളിയിരുന്നു മാരകമായ മുറിവ് പറ്റിയിരുന്നു ഈ മനുഷ്യനെ രക്ഷിക്കാനുള്ള വെത്തപ്പാടിൽ ഈ അപകടത്തിലാകുന്ന മനുഷ്യനെ രക്ഷിക്കാനുള്ള ആ ഭയങ്കരമായ തത്രപ്പാടിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിവേറ്റു കരടിയിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയപ്പോൾ കരടിയെ നശിപ്പിക്കാൻ പറ്റി കരടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റി പക്ഷെ കരടിയുടെ അള്ളലേറ്റു കരടിയുടെ ആ ഭയങ്കരമായ ആ അള്ളലേറ്റു ശരീരം മുറിവേറ്റു കുറേ കഴിഞ്ഞു ചോരവാർന്ന് അദ്ദേഹം കരയിൽ കിടന്ന് മരിച്ചു ദൈവത്തിന്റെ വലിയ നാമം മുഖത്തുപെടട്ടെ ആ ശവശരീരത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ രക്ഷപ്പെട്ട മനുഷ്യൻ ഏങ്ങനടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഇദ്ദേഹം ജീവൻ വെടിഞ്ഞല്ലോ എനിക്ക് വേണ്ടി ദേഹം ജീവൻ വെടിഞ്ഞല്ലോ എന്നെ പെരുവിളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടി ഇദ്ദേഹം ജീവൻ പെടിഞ്ഞല്ലോ എന്നെ കരരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഇദ്ദേഹം ജീവൻ വെടിഞ്ഞല്ലോ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നമുക്ക് നിത്യജീവൻ തരാൻ ജീവൻ പെടിഞ്ഞ രക്ഷകൻ ജീവിക്കുന്നുണ്ട് നമുക്ക് നിത്യജീവൻ തരാൻ കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ അവൻ വഹിച്ചിരിക്കുകയാണ് ശത്രുവായ പിശാദിന്റെ അള്ളലെ ഏറ്റിയിരിക്കുകയാണ് പിശാദിനിഷ്ടം പോലെ ചെയ്യാൻ അവൻ അവനെ തന്നെ വിട്ടുകൊടുത്തു അവനെ തകർത്ത് കളവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്തിന് എന്നെ വീണ്ടെടുക്കാൻ മകനെ പാവച്ചെളിയിൽ നിന്ന് കോരിയെടുക്കാൻ നിത്യനാശത്തിന്റെ ഭീകരമായ ആ താഴ്ചയിലേക്ക് ഉദ്ധരിക്കാൻ ഏകജാതനായ തിരുക്കുമാരന് നൽകുവാൻ തക്കവണ്ണം ദൈവ ലോകത്തെ സ്നേഹിച്ചു തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ ദൈവൻ ലോകത്തെ അത്രയ്ക്കും സ്നേഹിച്ചു സ്നേഹിതരെ ഇന്ന് ഈ രാത്രി സമയം നിത്യജീവന്റെ ഉടമസ്ഥൻ രാജാധിരാജനായ ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരെയും സമീപത്തും നിൽക്കുകയാണ് ഈ ആഴക്കുഴിയിൽ നിങ്ങൾ പൊക്കിയെടുക്കാൻ വിട്ടിട്ട് മാറാത്ത മദ്യപാനത്തിൽ നിങ്ങളെ കലയേറ്റാൻ കൊളരുതാത്ത ജീവിത ബന്ധങ്ങളിൽ നിങ്ങൾക്ക് മോചനം തരാൻ അഴുക്കായ ചില ബന്ധങ്ങളിൽ അതിൽ നിന്ന് മോചനം നിങ്ങൾ രക്ഷിക്കാൻ കാണുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ നശിച്ചു പോകുന്ന ജീവിതത്തെ ഒന്ന് ഉദ്ധരിച്ചാക്കുവാൻ ദൈവതിൻ്റെ ആഴക്കുഴിയിലെ കുഴൽ ചേറ്റിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെളിക്കുഴിയിൽ വീണ് പോയതിൻ്റെ ആയുസ് നശിപ്പി നശിപ്പിക്കാൻ പിച്ചാച്ച് നിന്നെ കൊണ്ടുപോകുന്ന പോക്കിൽ നിന്നെ വിടുവിച്ച് അതിനെ രക്ഷാസങ്കേതത്തിൽ എത്തിക്കാൻ കർത്താവേശു ക്രിസ്തു നേരെ കയറ നീട്ടുന്നു ഇപ്പോൾ ആരെല്ലാം ഈ യേശുവിനെ ഒന്ന് കാണും ആരെല്ലാം യേശുവിന് ദുരമുഖത്തേക്കും നോക്കും ആരെല്ലാം നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് കാണും എന്റെ സ്നേഹിതരെ യേശുവല്ലയോ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നത് അവൻ നിങ്ങളോടെന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്തു കൊള്ളണം കേട്ടോ അപ്പാ അദ്ദേഹം നിന്ന് അപ്പനോടെന്തെങ്കിലും പറഞ്ഞോ ഊമോനെ എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ അത് അനുഷ്ഠിച്ചില്ല ഞാനനുസരിച്ചില്ല തീരാ നഷ്ടം വന്നു തീരാ നഷ്ടം വന്നു ചരിത്രം പറയുന്നത് ആ മാനസാന്തരപ്പെട്ടു അപ്പോസന്മാരുടെ കാലത്ത് അവൻ ധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അപ്പം കാക്കൽ വെച്ചു ആ യൗനക്കാരൻ പ്രായമായപ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് അവൻ അന്ന് ക്രിസ്തുവനോട് ചോദിച്ച ചോദ്യം അവൻ നിവൃത്തിച്ചു അവൻ ആ യേശുവിന്റെ ആ ആജ്ഞനുസരിച്ചു അവനെല്ലാം വിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ദൈവ വേലയ്ക്ക് ഇറങ്ങി അവനാണ് ഭർന്നബാസ് എന്ന് പറയുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അതിന് വ്യക്തമായ തെളിവുകളൊന്നും വേദപുസ്തുല്ല എന്നാൽ സഹോദരങ്ങളെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം അതിലെ ഈ ആഴങ്ങളിലേക്ക് നമുക്ക് നീങ്ങണ്ട ഒന്ന് മാത്രം ഒന്ന് മാത്രം ഇന്ന് യേശുക്രിസ്തു നിങ്ങളോട് എന്ത് പറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ വേഗം അനുസരിച്ചുകൊള്ളു യേശു സംവി നിങ്ങൾക്ക് എന്താണ് തന്നിരിക്കുന്നത് അത് നിങ്ങൾ അനുസരിക്കാൻ മടിക്കല്ലേ നിത്യജീവൻ തരാമെന്നാണ് പറഞ്ഞത് ഈ താൽക്കാലിക ലോക കഴിഞ്ഞ് നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് പറഞ്ഞത് നിത്യജീവന്റെ സ്വർഗീയ സൗഭാഗ്യം തരാമെന്നാണ് അവൻ പറഞ്ഞത് ഈ മഹാസൗഭാഗ്യം ആര് നഷ്ടപ്പെടുത്തല്ലേ അവന്റെ തിരി രക്തത്താകളുടെ കഴികൾ പ്രാപിക്കണമേ ഏത് നിഷ്ഠുര പാപിക്കും രക്ഷപ്പെടാം ഏത് കൂറുരും കൊലപാതകം വ്യഭിചാരിക്കും രക്ഷപ്പെടാം കഴിഞ്ഞ കാലം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞവനും രക്ഷപ്പെടാം യേശു ക്രിസ്തു മതിയായവനാണ് അവൻ പാപങ്ങൾക്ക് പരിഹാരമാണ് അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അവൻ അകൃത്യങ്ങളെ പോക്കുന്നവനാണ് അവൻ പാവിയെ വീണ്ടെടുക്കുന്നവനാണ് അവൻ അശുദ്ധനെ വിശുദ്ധനാക്കുന്നവനാണ് അവൻ പാവിയെ രക്ഷിച്ച് രക്ഷാസംഗത്തിൽ എത്തിക്കുന്നവനാണ് അവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ് അവൻ നിങ്ങളുടെ അരികത്തുനിന്ന് കര നീട്ടുകയാണ് മകനേതിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ മകളേതിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ നേരെ കര നീട്ടി നിൽക്കുകയാണ് ഉടയവനേ എനിക്ക് വേണ്ടി ായി ജീവിക്കും നിന്റെ തിരുമുറിന്റെ ഞാൻ ഓടും ഇന്ന് മുതൽ ഞാൻ നിന്റെ വകയായി ജീവിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാം ഭാവി ശോഭനമാക്കാം അനുഗ്രഹീത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം സ്വർഗ സൗഭാഗ്യം സൃഷ്ടിയാക്കി മാറ്റാം ഒരു പുതിയ ജീവിതം നിനക്ക് തരാം ജീവൻ പകരാം കുഞ്ഞേ ഹൃദയം തുറക്കുമോ ആരെല്ലാം ഹൃദയം തുറക്കും ഈ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങളുടെ കരത്തിൽ യേശു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കരത്തിൽ നിങ്ങളുടെ കരം അവൻ മെനഞ്ഞ കരത്തിൽ അവനിപ്പോൾ പിടിക്കാൻ ആഗ്രഹമുണ്ട് സൃഷ്ടാവിൻ്റെ കരം സൃഷ്ടിയുടെ കരത്തിൽ പിടിക്കാൻ പോകുന്നു ആർക്കെല്ലാം നിങ്ങളുടെ മേൽ യേശു കരം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആർക്കെല്ലാം ആഗ്രഹമുണ്ട് അവരുടെ കരങ്ങളെ ഉയർത്തിക്കൊള്ളൂ ഹ ലൂയ്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ദൈവത്തോട് അപേക്ഷിക്കാം ഹ ലലൂയ്യ ആർക്കെല്ലാം നല്ല രക്ഷകനെ വേണം ആർക്കെല്ലാം എ സി വിനെ വേണം ഓടുവീൻ പ്രിയപ്പെട്ടവരെ ക്രൂസിൻ ചുവട്ടിലേക്ക് ഓടി വരുവെൻ ഓടിവരുവേൺ പ്രിയപ്പെട്ടവരെ ഗോകുൽ തായിലേക്ക് ഓടി വരുവേൻ ഓടി വരുവേൻ പ്രിയപ്പെട്ടവരെ മൂടിഞ്ച മാ ഓടി വരുവെ സ്നേഹവാനെ ഈ ഉയർത്തിയ കരങ്ങളെവിടുന്ന് കാണണമേ ഈ കരങ്ങളെവിടുന്ന് പിടിച്ചിരിക്കുന്നതിനായി സ്തോത്രം അവിടുന്ന് പിടിച്ച കരങ്ങളിൽ സ്വസ്ഥതയുള്ളതിനായി സ്ത്രോത്രം അവിടുന്ന് പിടിച്ച കരങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ നിന്റെ സൗഖ്യം പകരുന്നതിനായി സ്ത്രോത്രം നിന്റെ ആശ്വാസം പകരുന്നതിനായി സ്ത്രോത്രം പാവക്ഷമ ഇറങ്ങുന്നതിനായി സ്ത്രോത്രം പാപമോധന അയക്കുന്നതിനായി സ്തോത്രം ബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം ശാപദോഷങ്ങൾ മാറ്റുന്നതിനായി സ്ത്രോത്രം കുടുംബശാന്തി അയക്കുന്നതിനായി സ്ത്രോത്രം എല്ലാവരെയും തലോടുന്നതിനായി സ്തോത്രം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ